അള്ളാഹുസുബഹാനഹൂവ ചായാലായുടെ ശത്രുക്കളെയും നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾക്കറിയാത്തയെന്നാൽ അള്ളാഹുസുബഹാനഹൂവ ചായാലായ്ക്കറിയാവുന്ന മറ്റുള്ളവരെയും ഭയപ്പെടുത്തുന്നതിനായി നിങ്ങൾക്ക് കഴിയുന്നത്ര ശക്തിയും യുദ്ധക്കുതിരകളെയും നിങ്ങൾ ഒരുക്കിവയ്ക്കുക അള്ളാഹുസുബഹാനഹൂവ ചായാലായുടെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടും നിങ്ങൾക്ക് യാതൊരു അനീതിയും ചെയ്യപ്പെടുകയില്ല